അടിച്ചമർത്തപ്പെട്ടവർ അഹങ്കാരികളോട് പറഞ്ഞു അല്ലാ രാത്രിയും പകലും നിങ്ങൾ നടത്തിയ തന്ത്രങ്ങളായിരുന്നു അത് അള്ളാഹു സുബഹാനുഹുവ ചായാലെ നിഷേധിക്കാനും അവരെ തുല്യരെ നിശ്ചയിക്കാനും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു ശിക്ഷ കണ്ടപ്പോൾ അവർ ഖേദത്തെ ഉള്ളിൽ ഒളിപ്പിച്ചു സത്യനിഷേധികളുടെ കഴുത്തുകളിൽ നാം വിലങ്ങുകളിട്ടു അവർ പ്രവർത്തിച്ചതിനല്ലാത്ത മറ്റെന്തെങ്കിലും പ്രതിഫലമാണോ അവർക്ക് ലഭിക്കുക